അവൾ അവർക്കിടയിൽ ഒരു മറ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റോഹിനെ ജിബിറീൽ അലിഹിസ്സലാമിനെ അവളുടെ അടുത്തേക്ക് അയച്ചു അദ്ദേഹം ഒരു പൂർണ്ണ മനുഷ്യരൂപത്തിൽ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു